അപ്പോസ്തൊലനായ പൌലോസ് തിമോത്യോസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ ക്രിസ്തുവേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തൊല്ലായ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്യോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കൽ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫ് എസ് ഹോസ്റ്റിൽ ഞൻമക്കധൂന്യക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു ആജ്ഞയുടെ ഉദ്ദേശമോ സുദ്ധഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ ചിലർ ഇവ വിത്തുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ്രഹിക്കുന്നില്ലതാണ് ന്യായപ്രമാണമോ നീതിമാനല്ല അധർമ്മികൾ അഭക്തർ അനുസരണം കെട്ടവർ പാപികൾ അശുദ്ധർ ബാഹ്യന്മാർ പിതൃഹന്താക്കൾ മാതൃഹന്താക്കൾ കുലപാതകർ ദുർനടപ്പുകാർ പുരുഷ മൈഥനക്കാർ നരമോഷ്ടാക്കൾ ഫോസ്കു പറയുന്നവർ കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും ഭക്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്ര വച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായ പ്രമാണം നല്ലതുതന്നെ എന്ന് നാം അറിയുന്നു ഈ പരിജ്ഞാനം എങ്കൽ ഫരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദിമ്പത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസ്കാരമായത് തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശുവെന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെ ശ്രീശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു മുമ്പ് ഞാൻ ദൂഷകനും ഉപദ്രവിയും നിസ്തൂരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചു ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നിട്ടും യേശു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പിനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു നിത്യ രാജാവായി അക്ഷയനും അദർശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൽ മകനെ ഫിമോത്യോസ്റ്റ് നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി ഹൂമനയോസും അലക്സണ്ടരും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു